യന്ദന്ദസാംമൃം സമന്ദ്രോ മേധയാസ്മൃണോത്മൃതാരണോ ഭൂയാസം ശരീരം മേ വിചർണ കർണഭൂരികണകോയ ശ്രുത യ്രസ്വാമിതി മേധാ കാമ ശ്രീ കാമസ്യ ചത്പ്രാപ്തി സാധനം ജപ്പ് ഉച്ചയത്തെ ഇവിടെ ഈ മന്ത്രങ്ങൾ ശാന്തി മന്ത്രങ്ങളായി ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ പ്രയോജനം പറയുന്നു മേധാ കാമസ്യ തത്പ്രാപ്തി സാധനം മേധാകാമം മേധയെ കാമിക്കുന്നുവു അത് പ്രാപ്തിക്കുള്ള സാധനമാണ് ഉപായമാണ് ഈ മന്ത്രത്തിൻ്റെ ഉപാസനം അടുത്ത് ശ്രീകാമസ്യ അടുത്ത് ഐശ്വര്യത്തെ കാമിക്കുന്നു അതിന് വേണ്ടിയിട്ടുള്ള ഹോമം അപ്പം മേധാകാമന് വേണ്ടിയിട്ടുള്ള ജപം ഇതാണ് ജപവും ഉപാസനയാണ് ശ്രീകാമൻ അനു വേണ്ടിയിട്ടുള്ള ഹോമം അത് ഉപാസനയാണ് അത് രണ്ടു മണി വരുന്ന രണ്ടു മന്ത്രങ്ങളായി പറയുന്നത് ഇത് മേധാ കാമൻ എന്തുകൊണ്ട് പറഞ്ഞു സ മേന്ദ്രോസ് ഇന്ദ്രൻ എനിക്ക് മേധയ ുദ്ധി നൽകട്ടെ ഇവിടെ പ്രാർത്ഥിക്കുന്നത് തത്വമേ ശ്രീം ആവഹ പറയുന്നു അടുത്ത ഹോമ മന്ത്രങ്ങളിൽ പറയുന്നു എനിക്ക് ശ്രീ ഐശ്വര്യം ഉണ്ടാകട്ടെ സമ്പത്തും പശുവും എല്ലാം എന്ന് പറയുന്നു ഇത് ജഗദർശന എന്നിങ്ങനെ മന്ത്രങ്ങൾ തന്നെ പറയുന്നത് കൊണ്ട് ഈ ഉപാസന ബുദ്ധിക്ക് വേണ്ടിയിട്ടാണ് മനഷികാരം വ്യാഖ്യാനിക്കുന്നു ഋഷഭം എന്ന് പറഞ്ഞാലോ അതിന്റെ വാശ്യാർത്ഥം എടുക്കണ്ട ഋഷഭത്തിന് കാള എന്ന അർത്ഥം അർത്ഥമാണ് എടുക്കേണ്ടത് ഇവ അതുപോലെ പ്രധാനം എന്നുള്ള അർത്ഥം കൊടുക്കും ഏതാണോ വേദത്തിൽ പ്രധാനമായിരിക്കുന്നത് വേദത്തിൽ പ്രധാനമായിരിക്കുന്നത് പ്രണവം ഛന്ദസാം എന്ന് പറഞ്ഞാൽ വേദത്തിൽ മുഖ്യമായിരിക്കുന്ന പ്രണവം ഇവിടെ പ്രണവത്തെയാണ് ഉപാസിക്കുന്നത് പ്രണവം എന്നാൽ ബ്രഹ്മം തന്നെ ഫലത്തിനത് ബ്രഹ്മോപാസനയാണ് വിശ്വരൂപ സർവരൂപ സർവ്യാപ്ത വാക്കുകളും വ്യാപിച്ചിരിക്കുന്നു ഉദാഹരണം വരുന്നു യഥാശങ്കുന ഇത്യാദി ശ്രുത്യന്ധര ഛാന്തോകൃത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണോ അറിയില്ല എടുത്തുകഴിഞ്ഞാൽ ആ ഇലയിൽ മുഴുവൻ അതിൻ്റെ ഇലയിൽ ഉള്ള ഞരമ്പ് അതിൻ്റെ അതിൽ വ്യാപിച്ചിരിക്കുന്നത് അതുപോലെ ഈ സർവവാക്കുകളിലും ഓങ്കാരം വ്യാപിച്ചിരിക്കുന്നു ഓങ്കാരം സർവത്തെ ഉൾക്കൊള്ളുന്നു ഓങ്കാരം സർവത്തിലും വ്യാപിച്ചിരിക്കുന്നു സർവശബ്ദാത്മകമാണ് ഓങ്കാരം എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു ഓങ്കാരത്തിൽ നിന്നാണ് സർവശബ്ദം ഉണ്ടായത് അതുകൊണ്ട് സർവത്തിന് ഓങ്കാരം വ്യാപിച്ചിരിക്കുന്നു അതുകൊണ്ട് വിശ്വരൂപൻ ഓങ്കാരം വിശ്വരൂപനാണ് സർവരൂപനാണ് ഇത്യാദി ശ്രുത്യന്തിര അതേവൃഷഭത്ത് ഓങ്കാരസ്യ അതുകൊണ്ട് ഓങ്കാരം പ്രധാനമാണ് അണ്ടോ ഓങ്കാരത്തിനിവിടെ സ്തുതിക്കുന്നു യഹസാം ഇഷഭ ഏതെന്നാണോ വേദത്തിൽ മുഖ്യമായിരിക്കുന്നത് ഏതൊരു ശബ്ദമാണോ സർവശബ്ദരൂപമായിരിക്കുന്നത് വിശ്വരൂപനായിരിക്കുന്നത് ഓങ്കാരശബ്ദി സ്തുതൽ ന്യായവങ്ക ഓങ്കാരമാണ് ഇവിടെ ഉപാസ്യമായിരിക്കുന്നത് ഇത് ഉപാസനാ പ്രകരണമാണ് ഇവിടെ ഉപാസിക്കുന്ന ഓങ്കാരത്തെയാണ് അതിന് ഈ ശബ്ദം പറഞ്ഞു വിഷഭാദി ശബ്ദ ഹി സ്തുതി അതിന്റെ പ്രാധാന്യത്തെ കാണിക്കും അതുകൊണ്ടിത് അതിന് സ്തുതിക്കുകയാണ് ആ ഓങ്കാരം വിശ്വരൂപനാണ് സർവാത്മകനാണ് അത് പ്രധാനമാണ് മൃതം അധി എന്നുള്ളതിന് സമ്പഭൂവ എന്നുള്ള ക്രിയോട് ചേർക്കും വേദത്തെ സാറിന് അങ്ങനെ ഉപയോഗിക്കാറുണ്ട് ഉപസർഗങ്ങൾ ക്രിയോട് കൂടി ചേർത്ത് ഉപയോഗിക്കണമെന്നാണ് നിയമം അത് ഭാഷയിലെ നിയമം വേദത്തിനങ്ങനെ നിയമമല്ല ഛന്ദസി വേദത്തിൽ വ്യവഹിതമായിട്ട് ഉപയോഗിക്കും അതുകൊണ്ട് അധി സമ്പഭൂവ അങ്ങനെ ഭാഷകാരം വ്യാഖ്യാനിക്കുന്നു അമൃത അമൃതമായിരിക്കുന്ന അതിസമ്പ അതിൽ നിന്നും പ്രകടമായത് അമൃതമായിരിക്കുന്ന വേദത്തിൽ നിന്നോ നിത്യമായിരിക്കുന്ന വേദം വേദം നിത്യമാണ് എന്തുകൊണ്ട് ഈശ്വരൻ നിത്യമാണ് ഈശ്വരന്റെ നിശ്വാസ വേദവും ഈശ്വരനെ പോലെ നിത്യമാണ് അങ്ങനെയുള്ള നിത്യമായിരിക്കുന്ന വേദത്തിൽ നിന്നും പ്രകടമായത് അദ്വേദത്തിലുള്ള ആത്മാ നിത്യം ഇതാനും വേദത്തെ എന്തുകൊണ്ട് പറയുന്ന കാരണം നിത്യമായ ആത്മതത്വത്തെ വെളിപ്പെടുത്തുന്നത് കൊണ്ട് അത് നിത്യമായി അങ്ങനെയുള്ള വേദത്തിൽ നിന്നും അതിസംഭവുക അത് പ്രകടമായതാണ് വേദം കൽപ്പാതിയിൽ ആരംഭിച്ച് കല്പാന്തം വരെ നിലനിൽക്കുന്നതാണ് അതുകൊണ്ടും അത് നിത്യമാണ് വീണ്ടും അടുത്ത കൽപ്പത്തിൽ യഥാപുറം അകൽപ്പയൻ ദാതാവ് വീണ്ടും വേദത്തെ വീണ്ടും പഴയതുപോലെ തന്നെ പ്രകാശിപ്പിക്കുന്നു അപ്പം നശിച്ചിട്ടല്ല അത് ദാതാവിന് തന്നെ വിലീനമായിരുന്നു വീണ്ടും കൽപ്പാതിയിൽ വീണ്ടും അതിനെ പ്രകാശിപ്പിക്കുന്നു പ്രാധാന്യമുള്ളതാണ് വേദം വേദത്തിലെ തത്വമാണു അമൃതമായിരിക്കുന്നഹൃതിഭ്യം ജിദിക്ഷു പ്രജാപത സാര പ്രത്യഭാ സാന്ത്വ്യത്തിൽ തന്നെ ഈ കാര്യം പറയുന്നുണ്ട് ഒരു കല്പാദിയിൽ അതാണ് സൃഷ്ടിയുടെ തുടക്കം എന്ന് പറയും കല്പസൃഷ്ടിയാണ് സൃഷ്ടിയുടെ തുടക്കം അതിങ്ങനെ അനാദി അനന്തമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു അനേക കൽപ്പങ്ങൾ പോകുന്നു ആ കല്പത്തിന്റെ ആദിയിൽ പ്രജാപതി തപസ്സനുഷ്ഠിച്ചു എന്താണ് ലോകം ദൈവം വേദ വ്യാഹൃതി ലോകദേവ വേദരൂപത്തിലുള്ള വ്യാഹൃതികൾ ഭൂർഭുവികൾ അതിന്റെ സാരിഷ്ടം അതിൽ സാരതമമായിരിക്കുന്ന എന്താണ് അത് ജിഗക്ഷോഹോ അത് അറിയാൻ ഗ്രഹിക്കാൻ താല്പര്യമുള്ളവനായ ആ പ്രജാപതിയെ തപസ്സിത തപസനുഷ്ഠിച്ചു അവിടെ ഓങ്കാര സരിഷ്ഠാ പ്രജാപതിക്ക് പ്രകടമായതാണ് സർവ്വസാരമായി പ്രകടമായതാണ് ഓങ്കാരം ആ ഓങ്കാരത്തിൽ നിന്നാണ് പിന്നെ ലോകദേവ വേദ സൃഷ്ടികളെല്ലാം പ്രജാപതി നടത്തിയത് ഓങ്കാരത്തെ ആശ്രയിച്ചിട്ടാണ് അപ്പോൾ സൃഷ്ടിയുടെ പരമ സംഭവിച്ചത് പ്രകടമായത് ഓങ്കാരമാണ് ഇതെല്ലാം വേദത്തിൽ പറയുന്നു അതാണ് ഓങ്കാരത്തിൻ്റെ പ്രാധാന്യം അതാണ് ഛന്ദോദ്യഹ അമൃത അമൃതരൂപമായ അവേദത്തിൽ നിന്നും അതിസംഭവ പ്രകടമായി അതാണ് ഓങ്കാരം നഹി നിത്യസ് ഓങ്കാരസ്യ അഞ്ചസൈവ ഉപത്തി അപകൽപതയും ം നിത്യമാണ് വേദം നിത്യമായിരിക്കുന്നതുകൊണ്ട് ഓങ്കാരവും നിത്യമാണ് അത് വേദസാരമാണ് അതിൻ്റെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം അഞ്ചസ ഇവ ഉത്പത്തി ഉത്പത്തി എന്ന് സ്പഷ്ടമായ ഉത്പത്തി വസ്ത്രം നൂലുണ്ടാകുന്നത് പോലെ അങ്ങനെ ഒരു ഉത്പത്തിയല്ല അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ പ്രത്യഭാത് അത് പ്രകാശിതമായി അതവിടെയുണ്ട് അത് സദാ നിലനിൽക്കുന്നതാണ് അത് മാത്രമല്ല ഓങ്കാരം എന്ന് പറയുന്നത് അത് ബ്രഹ്മവാചകമാണ് അത് ബ്രഹ്മത്തോട് അഭേദമാണ് നിങ്ങളത് അകാര്യം മണ്ഡുക്യത്തോട് ചർച്ച ചെയ്തതാണ് അതുകൊണ്ടും അത് നിത്യമാണ് ബ്രഹ്മരൂപത്തിലത് നിത്യമാണ് അങ്ങനെ നിത്യമായിരിക്കുന്ന ഓങ്കാരത്തിന്റെ സൃഷ്ടി അത് സാധ്യമല്ല അതുകൊണ്ട് അത് പ്രകടമായി എന്ന് പറയുന്നു ആ ബ്രഹ്മം തന്നെ ൂപത്തിനും പ്രകാശിച്ചു പ്രജാപതിക്ക് അതിനെ ആശ്രയിച്ച് സൃഷ്ടി സംഭവിച്ചു ഇതെല്ലാം നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതാണ് ഇന്ദ്രാമേശ പരമേശ്വര മേധയാ പ്രജ്ഞയാ പ്രണയതു ബലയതു മന്ത്രത്തിൽ എന്താ പറയുന്നത് സ മേന്ദ്രോ മാം സം മേധയാ ഓങ്കാരത്തെയാ പറയുന്നത് ഇന്ദ്രൻ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേവനാണ് ഓങ്കാരം എങ്ങനെ ഇന്ദ്രനാകും എന്ന് പറയുന്നു സർവകാമേശ സർവ്വകാമങ്ങൾക്കും ഈശ്വരനായിരിക്കുന്നവൻ ആര് പരമേശ്വരൻ ഓങ്കാരൻ തന്നെയാണ് ഇന്ദ്രനായിരിക്കുന്നത് ഇന്ദ്രൻ പരമേശ്വരൻ പരമാത്മാവ് തനുസ ഇന്ദ്ര ഇവിടെ ഇന്ദ്രനെന്ന് പറഞ്ഞാൽ പരമാത്മാവ് വൈദിക ശബ്ദങ്ങൾക്ക് സാഹചര്യം അനുസരിച്ച് അർത്ഥം മാറും ഇവിടെ പരമാത്മാവെന്നുള്ള പ്രജ്ഞണ്ട് മേധ പ്രജ്ഞ അതുകൊണ്ട് അതിനെ തന്നെ വ്യാഖ്യാനിക്കുകയാണ് ബലയത്തു ീണയത് പ്രജ്ഞ കൊണ്ടുതന്നെ എനിക്ക് ബലമുള്ളവനാക്കി കട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രജ്ഞാബലം ഹി പ്രാർത്ഥ്യത എന്തുകൊണ്ടാണ് ആ പ്രജ്ഞാബലം അതാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ബുദ്ധിബലം അത് പ്രാർത്ഥിക്കുന്നു എന്തിനും ബുദ്ധിബലത്തെ പ്രാർത്ഥിക്കുന്നു പറയുന്നു അമൃതസ്യ അമൃതത്വ ഹേതുഭൂതജ്ഞാന അമൃതസ്യ ദേവധാരണോ ഭൂയാസം എന്തുകൊണ്ടാണ് പ്രജ്ഞാമ്പലത്തെ പ്രാർത്ഥിക്കുന്നത് അമൃതസ്യ അമൃതത്വ ഹേതുഭൂത അമൃതം മോക്ഷം ഇവിടെ മോക്ഷത്തിന് ഹേതുവായിരിക്കുന്ന ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് പറയുന്നു തത് അധികാര ഇത് പ്രകടനം അതാണ് ബ്രഹ്മജ്ഞാനത്തിന്റെ പ്രകടനമാണ് ഇവിടെ ഉപാസനാപ്രകരണമാണെന്ന് പറയുന്നു ഉപാസനാപ്രകരണവും ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടിയാണ് കാരണം ഇവിടെ ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് ഉപദേശിക്കുന്നതിന് ഇച്ചേർന്നാണിത് മന്ത്രിക്കുന്നത് ഫലത്തിൽ ഇതും ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടിയാണ് ഹേ ദേവധാരണ ധാരീത ഭൂയാസം ഭവേയം അല്ലയോ ദേവ ഇന്ദ്രനോട് പ്രാർത്ഥിക്കുകയാണ് അല്ലയോ പരമേശ്വര ആ ബ്രഹ്മജ്ഞാനത്തിന്റെ ധാരണ എന്ന് പറഞ്ഞാൽ ധാരയിത ആ ബ്രഹ്മജ്ഞാനത്തെ ധരിക്കുന്നവൻ ഭൂയാസം ഭവേയം ആയിത്തിരട്ടെ ഞാൻ അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ പ്രജ്ഞാബലത്തെ പ്രാർത്ഥിക്കുന്നത് ഈ രണ്ടും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നത് വേദ അധ്യയനം ചെയ്യുന്ന ബ്രഹ്മചാരിയാണ് വേദത്തെ ധാരണ ചെയ്യുക എന്ന് പറയുന്നതിന് ശരിയായ പ്രജ്ഞാബലം ഉണ്ടായതിനെ സാധ്യമാണ് നിരന്തരം ഉച്ചരിക്കുക അങ്ങനെ അതിനെ മനസ്സിനും നാക്കിനുമെല്ലാം ഉറപ്പിക്കുക അത് പ്രജ്ഞയില്ലാത്തവന് സാധ്യമല്ല അതിൻ്റെ അർത്ഥത്തെ ധരിക്കുക അതിനും പ്രജ്ഞണം വേദാംഗങ്ങൾ ധരിക്കണം അതിന് ഇതെല്ലാം വന്ന് ധാരണ എന്ന് പറയുന്നതിനും പ്രാധാന്യമുള്ള കാലമാണ് ഇന്നത്തെ കാലം പോലെയുള്ള ഇന്ന് നമ്മൾ ഒരു തവണ നമ്മളത് കേൾക്കുന്നു നമ്മളത് കളയുന്നു വീണ്ടും ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ സാധനം സീഡിയിലുണ്ട് ആ ധൈര്യമാണ് നമുക്ക് ധാരണയുടെ ആവശ്യമുണ്ട് ആവശ്യം വന്നാൽ വീണ്ടും അത് കേൾക്കും വീണ്ടും നമ്മളത് ഉപേക്ഷിക്കും കാരണം ഒരു വിശ്വാസമുണ്ട് ഇത് നമ്മുടെ പ്രജ്ഞയുടെ ആവശ്യമില്ല കാരണം അത് സി ഡി പ്രജ്ഞയിലുണ്ട് നമുക്കതൊരു വിശ്വാസമാണ് എപ്പോ ആവശ്യമുണ്ടെങ്കിലും അത് നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും ഇന്ന് അതിന് പ്രാധാന്യം ഇല്ലാതെ പോയി അന്നങ്ങനെയല്ല അന്ന് എഴുതാറില്ല വായിക്കാറില്ല സ്വന്തം പ്രജ്ഞ എന്നെ ആശ്രയി ആശ്രയിക്കാൻ പറ്റും ഗുരുവിൻ്റെ പ്രജ്ഞയിൽ നിന്ന് ശിഷ്യന്റെ പ്രജ്ഞയിലേക്ക് പകരുന്നു അത്രയും ശ്രദ്ധാവാനായിട്ടിരിക്കുന്നു വളരെ ശ്രദ്ധവാനായിരുന്നാലേ പറ്റും വളരെ ഉണർന്നിരുന്നാലേ പറ്റും അത്രയും ബുദ്ധി തീവ്രത കൊണ്ട് ഇതിനെ ധരിക്കാൻ പറ്റും ഇത് വാസ്തവത്തിൽ ഇത് ശ്രവിക്കുന്നതിന് തന്നെ ശ്രവിക്കുന്നതിന് തന്നെ വളരെ പ്രജ്ഞാവശ്യമാണ് പ്രജ്ഞാബലം ആ പ്രജ്ഞാബലമില്ലെങ്കിൽ നമുക്ക് ആ ശബ്ദശ്രവണം പോലും സാധ്യമാകത്തില്ല പ്രജ്ഞാബലമില്ലെങ്കിൽ നമ്മൾ ഇത് ശ്രവിക്കാൻ തുടങ്ങിയാൽ ഉറങ്ങിപ്പോവും പ്രജ്ഞാബലം ഉണ്ടാകത്തില്ല ഉള്ളിൽ ഒരു ഉണർവില്ലാത്തവന് ഇത് ശ്രവിക്കാൻ പറ്റത്തില്ല തമസ് പിടികൂടും ഉറക്കം വരും സാധ്യമല്ല മറിച്ച് ആൾക്കാർക്ക് ഉപയോഗിക്കുന്നത് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ആർക്കെങ്കിലും ഉറക്കം വരുന്നില്ലെങ്കിൽ ഉടൻ സി ഡി സത്സംഗത്തിന്റെ സി ഡി കേട്ടോണ്ടെന്നാൽ അറിയാതെ ഉറങ്ങിപ്പോ കാരണം അതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് മറിച്ച് അങ്ങനെയല്ല ഉള്ള ഉണർവുള്ളവനെ ശബ്ദത്തെ ഗ്രഹിക്കാൻ പറ്റും ശബ്ദത്തെ ഗ്രഹിച്ച പോലുള്ള അർത്ഥത്താഗ്രഹിക്കണ്ടേ അർത്ഥത്തെ ആഗ്രഹിക്കണമെങ്കിൽ വിശേഷ ബുദ്ധി വരും ഇത് ശബ്ദഗ്രഹണം അർത്ഥഗ്രഹണം ഇത് രണ്ടും പോരാ പിന്നീട് ധാരണ രണ്ടാമത് വരുന്നതാണ് ഏത് കാര്യവും കേൾക്കുക മനസ്സിലാക്കുക എന്ന് പറയുന്ന എളുപ്പമാണ് സാമാന്യ പറ്റും പക്ഷെ അത് ധാരണയിൽ നിലനിർത്തുക അത് വിസ്മരിക്കാതിരിക്കുക ആവശ്യം വരുമ്പോൾ അത് ഓർക്കുക അതിനെ വീണ്ടും പ്രകാശിപ്പിക്കുക അത് പ്രജ്ഞാബലുള്ളവനെ കഴിയത്തുള്ളു അത് പ്രജ്ഞയെക്കുറിച്ച് പറയുന്നതിനെന്താണോ ആ ബുദ്ധിയിൽ നവമായ ഉന്മേഷം എപ്പോഴും പുതുതായ ഒരു ഉന്മേഷം ആ ബുദ്ധിയിൽ നിലനിൽക്കുന്നതിനാണ് പ്രജ്ഞ എന്ന് പറയുന്നത് ആ പ്രജ്ഞ ഉണ്ടാക്കുവനത് ശബ്ദം ഗ്രഹിക്കാൻ തന്നെ പ്രയാസമാണ് ഒന്നിൽ ഉറങ്ങും അല്ലെങ്കിൽ ഏകാഗ്രത ഇല്ലാതും പിന്നെ അർത്ഥ ധാരണം പ്രയാസം പിന്നീട് ശബ്ദത്തെയും അർഹത്തെയും അതിനെ ധരിക്കുക അത് അതിനും വലിയ പ്രയാസമാണ് പ്രജ്ഞന്ന് പറയുമ്പോൾ ഇതിന്റെ അർത്ഥ ധാരണ എന്ന് പറയുമ്പോൾ അത് കേവലമായ ഓർമ്മ ശക്തിയല്ല കേവലമായ ഓർമ്മശക്തി എന്ന് പറയുന്നത് അത് ടേപ്പിന അതിനുണ്ട് ഒരു ഓർമ്മശക്തി ആ കേവലമായ ഓർമ്മശക്തി എന്ന് പറയുന്നത് ഒരു യാന്ത്രികമാണ് യാന്ത്രികമായ ഓർമ്മശക്തി കൊണ്ട് അത് തത്തേ പഠിപ്പിച്ചു കഴിഞ്ഞാലും അതാവർത്തിക്കും അതിന് വിശേഷ ബുദ്ധിയൊന്നും വേണ്ട അതിന് നാക്കിന് ഒരു വഴക്കമൊന്നാണ് അത് ആവർത്തിച്ചു പക്ഷെ ഇതല്ല കൊച്ചുകുട്ടികളെ എഞ്ചുപൊടി പഠിപ്പിക്കുന്നു അവരത് ആവർത്തി പത്ത് തവണ അത് ചൊല്ലിക്കൊടുത്താലും ആവർത്തി അത് പ്രജ്ഞാബലം എന്ന് പറയാൻ പറ്റത്തില്ല ഇതെന്താണ് ബ്രഹ്മജ്ഞാനസ്യ ഈ പ്രജ്ഞാബലം എന്ന് പറയുന്നത് ആത്മബോധത്തിൻ്റെ ഉള്ള ബലമാണ് ആത്മതത്വബോധത്തിന്റെ ധാരണയാണ് അതിനാത്മബോധത്തെ ബുദ്ധിയിൽ ധരിക്കാൻ കഴിയുമോ ബുദ്ധിയിൽ ധരിക്കുന്നതാണ് ആത്മബോധം എന്ന് ചോദിക്കും നമ്മൾ പറയുന്നത് ധാരയിത എന്ന് പറയുന്നു ആ ബുദ്ധിയിൽ ധരിക്കുന്ന ബോധമുണ്ട് തത്വഗ്രഹണം നമ്മൾ പറയുന്നത് ബുദ്ധിയിൽ ധരിക്കുന്ന ബോധം അത് ആവശ്യമാണ് അതുകൊണ്ടാണ് അതാ ഇവിടെ അത് വേണമെന്ന് പ്രാർത്ഥിക്കുന്നത് അത് പരോക്ഷമായ ബോധം പരോക്ഷമായ ബോധം അത് ബുദ്ധിയെ ആശ്രയിച്ചാണ് ില്ക്കുന്നത് അതിൻ്റെ അപരോക്ഷാനുഭവം എന്ന് പറയുന്നത് അത് തത് സ്വരൂപം തന്നെ നമ്മുടെ ബുദ്ധിയുടെ ആവശ്യം അത് അവിടെ പറയുന്നതാണ് ആത്മാവ് സ്വയം പ്രകാശിക്കുന്നത് പക്ഷെ അങ്ങനെ ഒരു നിലയിൽ ഒരാൾക്ക് എത്തുന്നതിന് ഈ പരോക്ഷമായ ധാരണ പ്രജ്ഞാബലം ആവശ്യമാണ് വേദജ്ഞാനം ആവശ്യമാണ് അപ്പം ഇവിടെ ആചാര്യൻ ഉപദേശിക്കുന്നത് അവൻ്റെ അന്ധകരണത്തിൽ ധരിച്ചില്ലെങ്കിൽ ഇത് പിന്നീട് ഭാവിയിൽ അപരോക്ഷ അനുഭവത്തിന് ഹേതുവായി തീരത്തില്ല അതുകൊണ്ടാ പ്രജ്ഞാബലം ആവശ്യമാണ് അല്ലെങ്കിൽ എന്താണ് ബ്രഹ്മത്തെ ബുദ്ധി കൊണ്ട് പിടിക്കാൻ കഴിയുമോ അതുകൊണ്ട് ബുദ്ധിയുടെ ആവശ്യം എന്താണ് സാധാരണ ബുദ്ധിയല്ല ഇവിടെ പറയുന്നു അതുകൊണ്ടാണ് പ്രജ്ഞ എന്ന് പറയുന്നത് ആ വിലക്ഷണമായ ബുദ്ധി ധാരയിത ഏതൊന്നാണോ ആ ബ്രഹ്മജ്ഞാനത്തെ നിലനിർത്തുന്നത് അതിനു വേണ്ട ഏകാഗ്രതയും അതിനുവേണ്ട ശുദ്ധിയും ഉള്ള ബുദ്ധി തത്വം പ്രകാശിക്കുന്നതായ തത്വം പരോക്ഷമായി പ്രകാശിക്കുന്ന ആ ബുദ്ധി ഭൂയാസം ഭവേയം അതെനിക്ക് വരണം എന്നാണ് നമ്മൾ എന്താണ് ശ്രവണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ ഉണർത്തുക ആ ബുദ്ധിയെ ഉണർത്തുന്നത് നമ്മൾ ബുദ്ധിയെ ഉണർത്തുന്നതിന് വേണ്ടി നമ്മൾ സാധനം ചെയ്യുന്ന എന്താണ് തമാശകൾ ഫലതങ്ങളൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടും ഉറക്കം മാറും അത് ഒരുപായം ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഇവിടെ ബുദ്ധിമുണർത്തുന്നത് ഡാൻസ് ചെയ്തിട്ടാണ് അങ്ങനെയും ബുദ്ധിമുണർത്താന്ന് തോന്നും അത് ഉറങ്ങാതിരിക്കും അത് ഇതൊക്കെ ഒരു ഉപായങ്ങളാണ് പക്ഷെ ഇവിടെ അതല്ല ഇവിടെ ആത്മവിദ്യക്കു വേണ്ടി ബുദ്ധി ഉണർത്തുന്നത് ഉപാസനയിലൂടെയാണ് അതാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥന എന്ന് പറയുന്നൊരു ഉപാസനയാണ് ഉപാസനയിലൂടെ ബുദ്ധി ഉണർത്തുക ആ ഉണർവ് മാത്രമേ ഈ പറയുന്ന ഇവിടെ പറയുന്ന പരോക്ഷ ജ്ഞാനത്തിന് പോയിരിക്കും മറ്റത് ബുദ്ധി ഉണരുന്നതെല്ലാം അതിനെ സഹായിക്കത്തില്ല മറ്റുള്ള സമയങ്ങളിൽ ബുദ്ധി ഉണർന്നുകഴിഞ്ഞാൽ ആ ബുദ്ധിക്ഷിപ്തമായിരിക്കും വിക്ഷിപ്തമായിരിക്കും അല്ലേ ബുദ്ധി ഉണർന്നിരിക്കുകയാണ് സിനിമ കണ്ടുകൊണ്ടിരുന്നാലും ബുദ്ധി ഉണർന്നിരിക്കും എന്തുകൊണ്ട് മനസ്സിന് ഇഷ്ടമുള്ള കാര്യമാണ് ഉണർന്നിരിക്കും മനസ്സ് പക്ഷേ ക്ഷിപ്തമായിരിക്കും മനസ്സിന് ഏകാഗ്രത എന്ന് പറയുന്നത് വരത്തില്ല അപ്പം ഏതെങ്കിലും ഉപായങ്ങളിലും അല്ലേ വിഷയങ്ങളിലൂടെ ബുദ്ധിയെ ഉണർത്തുക മറ്റത് കേവലം മനോവിനോദമാണ് മനോവിനോദത്തിലൂടെ ബുദ്ധിയെ ഉണർത്താം ഇപ്പം ആൾക്കാരുടെ ശ്രദ്ധ അങ്ങനെ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയാലിറ്റി ഷോകളൊക്കെ വന്നിട്ട് ആൾക്കാരൊക്കെ ഉണർന്നിരിക്കണമെങ്കിൽ ഡാൻസ് ചെയ്താലേ പറ്റും അങ്ങനെ ഒരു സ്ഥിതി വന്നു ക്ഷിപ്തമാകും മനസ്സ് വിക്ഷിപ്തമായ മനസ്സിന് ഏകാഗ്രത വരും ഏകാഗ്രത അല്ല പക്ഷെ താമസികമായ ബുദ്ധിയാണെങ്കിൽ അങ്ങനെ ഉണർത്തുന്നതിലും ദോഷമൊന്നുമില്ല എങ്ങനെയെങ്കിലും ഉണർന്നിരിക്കട്ടെ ഉണരുന്നതിലും നല്ല അതാണ് ഏതെങ്കിലും ഉപയോഗം മനസ്സിന്റെ വിനോദത്തിലൂടെ ബുദ്ധി ഉണർത്ത അത് മനസ്സിന്റെ ലാളനെയാണ് അങ്ങനെ ബുദ്ധി ഉണർത്തുന്നു ഇതങ്ങനെയല്ല മനസ്സിന്റെ ഏകാഗ്രതയാണ് അതാണ് ഉപാസന നിശിതമായ മനസ്സെന്ന് പറയുന്നു ആ ഉപാസന കൊണ്ട് നിശിതമായ മനസ്സ് അത് സത്സംഗം കേൾക്കുമ്പോൾ എന്തുകൊണ്ടോ ഉറങ്ങിപ്പോകുന്നു മറ്റൊന്നുമല്ല ഉപാസന കൊണ്ട് ബലം എന്ന മറ്റെന്തെങ്കിലും മനസ്സിനെ രസിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ മനസ്സ് ഉണർന്നിരുന്നു പരദൂഷണം പറയുന്ന കേട്ടാലും മനസ്സുണർന്നിരുന്നു ഇപ്പം ഉറങ്ങുന്നവരുടെ എന്തെങ്കിലും പരദൂഷണം പറഞ്ഞ് നോക്കുക എന്താ പറയുക ഒന്നുകൂടി പറഞ്ഞു പറയും ഒന്നും വേണ്ട ജിജ്ഞാസവർ ഒന്നുകൂടി കേൾക്കണം എന്താ പറഞ്ഞത് അപ്പൊ അതെല്ലാം താമസിക രാജസികമായ മനസ്സിന്റെ ഉണർവാണ് അത് ഗുരുവൻ്റെ ബുദ്ധി അങ്ങനെയാണെങ്കിൽ അത് ദോഷമില്ല എങ്ങനെയെങ്കിലും മനസ്സിനൊന്നും വളർത്തിയാമോ പക്ഷെ ഇവിടെ പറയുന്ന ഏകാഗ്രത അത് മനസ്സിന് സംഭവിക്കത്തില്ല അതിനുവേണ്ടി ഉപാസന കൂടിയിട്ടില്ല അതുകൊണ്ട് ഉപാസനയെ ഒഴിവാക്കാൻ പറ്റത്തില്ല അതിനു വേണ്ടിയിട്ടാണ് ആത്മവിന്ധി സത്സംഗവും എല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഈ മന്ത്രങ്ങളൊക്കെ ശാന്തി മന്ത്രങ്ങൾ എന്ന് പറഞ്ഞ് ചൊല്ലുന്നത് പറയുന്നു അത് എത്രയോ വർഷമായിട്ടിത് ചൊല്ലുന്നു എന്നിട്ട് ഇതുവരെ മനസ്സ് ഉണർന്നിട്ടില്ലല്ലോ എത്രയോ വർഷമായി കഥയറിയാതെ ആട്ടം കാണും അതുകൊണ്ട് വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല ഇത് മനസ്സിലാക്കിയിട്ടല്ല എൻ്റെ അർത്ഥത്തെ കുടി മനസ്സിലാക്കണം എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചൊല്ലുന്നത് എന്താണ് ഇതിന്റെ താല്പര്യം ഇന്ന് വർഷങ്ങളായി ഇത് ചൊല്ലുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് രണ്ടും വേണം ശബ്ദജ്ഞാനം വേണം അർത്ഥജ്ഞാനം ഇവിടെ ശബ്ദോപാസനയല്ല പറഞ്ഞല്ലോ ശബ്ദോപാസനയുണ്ട് അർത്ഥോപാസന രണ്ടു തരത്തിലുമുണ്ട് ഇവിടെ വേണ്ടത് അർത്ഥോപാസന അർത്ഥോപാസന എന്ന് പറയുമ്പോൾ അർത്ഥ ധാരണയോടുകൂടി ശബ്ദത്തെ ഉച്ചരിക്കുമ്പോ അത് അർത്ഥോപാസന അതിന് വേറെ സൗകര്യം കൂടിയുണ്ട് അർത്ഥോപാസനയിൽ അർത്ഥത്തിനാണ് പ്രാധാന്യം ശബ്ദത്തിനുണ്ട് ശബ്ദോപാസനയിൽ ശബ്ദത്തിനാണ് പ്രാധാന്യം ശബ്ദോപാസനയിൽ ഈ പറയുന്ന സ്വരം വർണ്ണം എന്ന് പറഞ്ഞുള്ള ശിക്ഷ ആ നിയമങ്ങളെല്ലാം കർശനമായി പാലിക്കും ശബ്ദോപാസനയുടെ തെറ്റിക്കാൻ പാടില്ല വേദത്തെയാണ് ഉപാസിക്കുന്നതെങ്കിൽ വേദത്തിൻ്റെ ഉദാത്ത അനുദാത്ത സുരിത നിയമങ്ങളെല്ലാം അനുസരിച്ച് ശബ്ദ അത് വേദ അധ്യയനം അതെല്ലാം കർശനമായി പാലിക്കുന്നു അർത്ഥോപാസന അതല്ല ശബ്ദത്തിലൂടെ അർത്ഥത്തെ മനസ്സിലാക്കിയാൽ മതി ശബ്ദം എങ്ങനെയാകാം എന്നുള്ളതല്ല അവിടെ ശബ്ദത്തിന് പ്രാധാന്യമില്ലാത്തത് കൊണ്ട് അർത്ഥത്തിന് പ്രാധാന്യമുള്ളതുകൊണ്ട് കാരണം അർത്ഥ വിചാരത്തിന് ശബ്ദത്തിന്റെ നിയമങ്ങളൊന്നും പാലിക്കാൻ പറ്റത്തില്ല ഓം പാണ്ഡൂക്യത്തിൽ നമ്മൾ ഓം എന്ന് ഉച്ചരിക്കുമ്പോൾ അവിടെ ശബ്ദത്തിന് പ്രാധാന്യം കൊടുക്കും പക്ഷെ അതിൻ്റെ അർത്ഥ ചിന്തന ചെയ്യുമ്പോൾ നമ്മൾ ശബ്ദത്തിനെ ഛേദിക്കുന്നു അങ്ങനെ അകാരം ഉകാരം മകാരം അവിടെ ശബ്ദത്തെ ഛേദിച്ച് അർത്ഥത്തെ ചിന്തിച്ച് അവിടെ ശബ്ദത്തിൻ്റെ നിയമങ്ങളൊന്നും പാലിക്കാൻ കഴിയത്തില്ല എങ്ങനെ അത് അവിടെ എന്ത് സ്വരമാണ് എന്ത് സ്വരത്ത് ഉച്ചരിക്കണം കാരണം ശബ്ദത്തെ വിഭജിക്കുകയാണ് ഇവിടെ അർത്ഥോപാസനയിലെന്താണോ ശബ്ദത്തിൽ നിന്ന് വിട്ട് ശബ്ദവിത്പത്തിയിലേക്കാണ് മനസ്സ് പോകുന്നത് എന്താണ് ശബ്ദത്തിന്റെ അർത്ഥം ഇവിടെ പറയുന്നു ഉദാഹരണം പറഞ്ഞു സമേഇന്ദ്ര ഉച്ചരിക്കുമ്പോ അവിടെ നിയമം ഉണ്ട് അതനുസരിച്ച് ഉച്ചരിക്കും അർത്ഥചിന്തനത്തിൽ അങ്ങനെ ഉണ്ടാവും എന്ത് ചെയ്യുന്നു സ സ അവിടെ എന്ത് ചെയ്യുന്നു ശബ്ദത്തെ പിരിക്കുന്നു അവിടെ ചിന്ത ഇവിടെ വരുന്നു അർത്ഥത്തിലേക്ക് വരുന്നു സ്വാഭാവികമായിട്ടും ശബ്ദത്തിന്റെ നിയമങ്ങളെ അവിടെ നമുക്ക് പാലിക്കാൻ കഴിയത്തില്ല ശബ്ദത്തിന്റെ നിയമത്തെ പാലിച്ചു സ സഹ മാ ഇന്ദ്ര എന്ന് ഉച്ചരിക്കാൻ അത് സംഹിതയ്ക്ക് വിരുദ്ധമായി വരും സംഹിതയിൽ ഉച്ചരിക്കുമ്പോൾ എന്തുവേണം സമേന്ദ്ര എന്ന് ഉച്ചരിക്കുന്നു ശബ്ദത്തിൽ ആ നിയമം പാലിക്കണം പക്ഷെ അർത്ഥ ചിന്തനത്തിൽ അങ്ങനെ ആയിരുന്നു അവിടെ സഹ മാ അവിടെ ദീർഘമാകും ഇന്ദ്ര ദീർഘമായ ആകാരം വന്നു ഈ വന്നു അവിടെ സംഹിതയില്ല സംഹിതം നഷ്ടപ്പെട്ടു ഇപ്പോൾ ശബ്ദത്തിൽ അധ്യയനത്തിൽ ആ സംഹിത പാലിക്കണില്ലെങ്കിൽ അതിന്റെ നിയമങ്ങളനുസരിച്ച് ശ്രദ്ധ വിചാരിക്കുന്നു പക്ഷേ അർത്ഥചിന്തനത്തിനതല്ല ഇവിടെ അർത്ഥത്തിനും പ്രാധാന്യം അവിടെ ഇവിടെ ഉപാസന എന്താണ് അർത്ഥ ഉപാസനയാണ് അർത്ഥ ചിന്തനയിലൂടെയാണ് ഇവിടെ ഉപാസിക്കുന്നത് അപ്പം പറഞ്ഞല്ലോ ഉപാസനയെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം സമാന പ്രത്യയം കൊണ്ട് വിഷയം ഒന്നായിരിക്കും പക്ഷെ സമാനമായ വിചാരപ്രവാഹമാണ് ഉപാസനയിൽ അതാണ് സംഭവിക്കുന്നത് അവിടെ ശബ്ദത്തിന് പ്രാധാന്യമില്ല ഇന്നത്തെ ഇന്ന് പ്രത്യേകിച്ചും ഇന്ന് ശബ്ദ ഉപാസനയ്ക്കല്ല കാലം മാറിയതോന്നു പ്രാധാന്യം അർത്ഥചിന്തനയ്ക്കാണ് അർത്ഥോപാസന ശബ്ദ ഉപാസന പ്രാധാന്യമല്ലാത്തതുകൊണ്ട് എന്ത് തോന്നുന്നു വേദം ആചാര്യമുഖത്തിൽ നിന്ന് അധ്യയനം ചെയ്യുന്ന രീതി മാറി നേഴു പഠിക്കുക പിന്നെ വേദം ചൊല്ലുന്ന സ്വരസ്ഥാനങ്ങൾ അതെല്ലാം ഏറെക്കുറെ നഷ്ടപ്പെട്ടു എല്ലാവർക്കും അറിയത്തില്ല അതുകൊണ്ട് ശബ്ദോപാസന ഇന്ന് ഏറെക്കുറെ അസാധ്യമാണ് സ്വരസ്ഥാനങ്ങൾക്ക് നഷ്ടപ്പെട്ടുപോയി ഇന്ന് വലിയ വേദപണ്ഡിതന്മാർക്ക് പോലും നിശ്ചയം ശരിയായി ഏതാണ് സ്വരസ്ഥാനങ്ങൾ അത് ശരിക്കും സ്വരസ്ഥാനമനുസരിച്ച് ചൊല്ലാനും പ്രയാസമാണിത് അത്തരത്തിൽ മാറിപ്പോ ആ പരമ്പരക്കേറെ കുറെ നഷ്ടമായിട്ടു ഇന്ന് സ്വരം മനസ്സിലാക്കുന്നത് വേദത്തിൽ വ്യാകരണ നിയമം അനുസരിച്ചിട്ടാണ് ശബ്ദമെങ്ങനെ രൂപപ്പെട്ടത് ഇതേത് സമാസമാണ് ഇതെല്ലാം നോക്കിയിട്ടാണ് സ്വരത്തെ നിശ്ചയിക്കുന്നത് എവിടെ ഉദാത്തം വരും ആദ്യദാത്ത അന്ധോദാത്ത സ്വരിതയുടെ പിന്നെ ഭാഷാ നിയമത്തിലൂടെ വൈദിക വ്യാകരണത്തിലൂടെയാണ് ഇന്ന് മനസ്സിലാക്കുക ഉച്ചാരണത്തിലൂടെ മനസ്സിലാക്കുക ഇന്ന് ഏറെക്കുറെ അസാധ്യമാണ് അസാധ്യം തന്നെ പറയും ഇപ്പൊ പിന്നെ വേദത്തെ മന്ത്രവും അത് സ്വരവും സ്വരഹീനമായി തന്നെ ഉച്ചരിക്കേണ്ടി വരും സ്വരയുക്തമായി ഉച്ചരിക്കുക ഇവിടെ പ്രാധാന്യം അർത്ഥോപാസന അർത്ഥ ചിന്തനയ്ക്കായി അതാണ് പിന്നീട് വേദശബ്ദത്തിൽ നിന്ന് പിന്നെ അർത്ഥത്തിലേക്ക് പോയി ഭാഷകാരനും മറ്റും അവിടെ അർത്ഥോപാസനയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അർത്ഥചിന്തനയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അതിന്റെ ധാരണ അതാണ് ഉപാസനയിലൂടെ സംഭവിക്കുന്നത് കേവലം ശബ്ദധാരണ മാത്രമാണ് അത് ില്ക്കണം അത് ആ ധാരണ അർത്ഥ ധാരണ എന്ന് പറയുന്നത് എന്താണ് മനസ്സിൻ്റെ ആ ഉണർവിൽ സംഭവിക്കുന്നതാണ് അർത്ഥധാരണ ഉറങ്ങിപ്പോയാൽ അർത്ഥധാരണ സംഭവിക്കത്തില്ല അത് സാധാരണ തരത്തിലുള്ള സ്മൃതിയാണ് ധാരണ സ്മൃതി എന്ന് പറയുമെങ്കിൽ എന്തുകൊണ്ട് പ്രജ്ഞ എന്ന് പറയുന്നത് നവ നവമായ ഉന്മേഷത്തോട് കൂടിയതാണ് എന്നറിയാം എന്റെ വ്യത്യാസം എന്താണ് വരുന്നത് നമ്മൾ തത്തയെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ ആവർത്തിക്കാൻ പറ്റും എന്താണോ അതിനെ പറഞ്ഞു കൊടുക്കുന്നത് അത് അതുപോലെ പുറത്തു വരും നമ്മൾ ടേപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഏത് ശബ്ദമാണോ കൊടുക്കുന്നത് ആ ശബ്ദം അതുപോലെ പുറത്തു വരും പക്ഷെ അർത്ഥ ധാരണ എങ്ങനെയാണ് അർത്ഥധാരണ എന്താണോ നമ്മൾ സത്സംഗത്തിൽ നിന്ന് ഗ്രഹിക്കുന്നത് അത് പ്രജ്ഞയിൽ ധാരണാരൂപത്തിലായാൽ അതിപ്പോഴും പുതുതായി അത് ഗ്രഹിച്ചപടി ആയിരിക്കില്ല അത് പുറത്തു വരുന്നത് നവോന്മേഷത്തോടുകൂടി അത് പുറത്തു വരും എന്ന് പറഞ്ഞാൽ ഏതാശയത്തെയാണോ നമ്മൾ ഏതാശയത്തെയാണോ ധാരണ ചെയ്യുന്നത് ഉള്ളിൽ ധരിക്കുന്നത് പ്രജ്ഞാബലം കൊണ്ട് ധരിക്കുന്നത് അത് പുറത്തു വരുമ്പോൾ അത് കൂടുതൽ പ്രകാശമുള്ളതായിരിക്കും അത് കൂടുതൽ വ്യക്തമായിരിക്കും അത് കൂടുതൽ ദൃഢതയുള്ളതായിരിക്കും അതാണ് ധാരണയുടെ പ്രത്യേകത മറ്റെങ്ങനെയാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കുക അതിന് എങ്ങനെയാണോ അത് ചെയ്ത് അതുപോലെ അതാണ് ഓർമ്മ എന്ന് പറയുന്നത് കൊച്ചുകുട്ടികളെങ്ങൾ പഠിപ്പിക്കുന്നു അത് അവരുടെ എന്താണെന്നത് കേവലം ഓർമ്മ എന്താണ് അവന്റെ ഉള്ളിൽ പോയത് അത് അതുപോലെ പുറത്തു വരുന്നു ആ ശബ്ദം അതുപോലെ പുറപ്പെടുവിക്കുന്നു ഇതങ്ങനെയാണ് പ്രജ്ഞാബലം അങ്ങനെയല്ല അത് നവമായി തന്നെ വരുന്നു ഓരോ തവണയും അത് പുതിയ കൂടുതൽ വ്യക്തതയായി ഒരാൾ തത്വത്തെ ശ്രമിക്കുമ്പോൾ ആ തത്വശ്രവണത്തോടൊപ്പം ആ തത്വധാരണയോടൊപ്പം തന്നെ ആ തത്വവിഷയത്തിൽ അയാളുടെ മനസ്സിൽ സംശയങ്ങൾ വരാം അഭീക്തകൾ വരാം ചിലപ്പോൾ ഭ്രാന്തി വരാം അത് ധാരണ എന്ന് പറയുന്ന രൂപത്തെ പ്രാപിക്കുകയാണെങ്കിൽ പ്രജ്ഞാബലം കൊണ്ട് അത് ഇതിനെല്ലാം നശിപ്പിച്ചുകൊണ്ടായിരിക്കും എങ്ങനെ സംശയത്തെ നശിപ്പിച്ചുകൊണ്ടായിരിക്കും വിഭ്രാന്തികളെ അതിനെ സംബന്ധിച്ചുള്ള ഭ്രാന്തികളെ നശിപ്പിച്ചുകൊണ്ടായിരിക്കും അത് പ്രകാശിക്കുന്നത് അതാണ് ഉപദേശം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പഠിച്ചത് പറഞ്ഞുകൊടുക്കുന്നതല്ല ഉപദേശം എന്ന് പറയുന്നു അത് പഠിച്ചത് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം എന്ന് പറയുന്നു ടേപ്പ് അത് പഠിച്ചത് പറയുന്നു എന്താണോ അതിൽ അത് പറയുന്നു അതല്ല ഉപദേശമെന്ന് പറയുന്നത് ധാരണയും പ്രകാശിപ്പിക്കുന്ന ധാരണയും പ്രകാശിക്കുമ്പോൾ അതെപ്പോഴും നവമായിരിക്കും അതാണ് പ്രജ്ഞാബലം എന്ന് പറയുന്നത് അത് പ്രകാശിക്കുന്നു അത് ഒരുവനിൽ പ്രകാശിച്ചു കഴിഞ്ഞാൽ അത് വക്താവിൽ പ്രകാശിച്ചു കഴിഞ്ഞാൽ അത് ആ ശ്രോതാവിനും അതേപോലെ തന്നെ ധാരണാരൂപത്തിൽ അത് പ്രകാശിക്കും യോഗ്യതയനുസരിച്ച് അത് സംഭവിക്കണം ഭൂയാസം ഭവേയം അത്തരത്തിലുള്ള ധാരണ എന്നർത്ഥം അത് ഉറക്കത്തിന് കാരണമല്ല എന്നർത്ഥം നമ്മൾ സത്സംഗം കേൾക്കുമ്പോൾ ഉറക്കുന്ന ഉറങ്ങുന്നുണ്ടെന്നാണ് ഉള്ളിൽ ധാരണ സംഭവിക്കുന്നത് ശബ്ദം ശബ്ദത്തെ നമ്മൾ ഗ്രഹിക്കുന്നുള്ളൂ ശബ്ദം ഒരേ തരത്തിലുള്ള ശബ്ദം ഗ്രഹിക്കും ആ ഒരേ തരത്തിലുള്ള ശബ്ദം ഗോയിക്കുമ്പോൾ അത് സസംഗത്തിലിരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് എങ്ങനെയാണ് പണ്ട് തൊട്ടിൽ കിടന്നപ്പോൾ അമ്മയുടെ താരാട്ടുപാട്ട് കേട്ടത് അതിനൊരു ഈണവും താളവും കേട്ടു ശബ്ദത്തിന്റെ ഈണവും താളമാണ് അപ്പം അതുപോലെ നമുക്ക് തോന്നും ടേക്ക് കേൾക്കുമ്പോഴും അതുപോലെയാണ് അപ്പം ശിശുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കാവശ്യം താരാട്ടാണ് അപ്പോൾ അവരെന്തേയും സത്സംഗം അവരെ സംബന്ധിച്ചൊരു താരാട്ടാണ് സുഖമായിട്ട് ഉറങ്ങുക അതാണ് സാറിന് സംഭവിക്കുന്നത് അതിൽ കൂടുതലായിട്ടൊന്നും സംഭവിക്കത്തില്ല അതുകൊണ്ട് പലരും ഉറക്കം വന്നില്ലെങ്കിൽ ഉറക്കം വരാൻ വേണ്ടി ഈ താരാട്ടുപാട്ടുകൾ ഞാൻ സുഖമായിട്ട് ഉറങ്ങണം സംഭവിക്കുന്നില്ല എന്നിട്ട് പറയാൻ കൊള്ളാം അമ്മയുടെ സത്സംഗം ഗംഭീരമായിരിക്കുന്നു ഉറങ്ങാൻ പറ്റിയല്ലോ അതും അതല്ല ഇവിടെ പറയുന്നു ധാരണ സംഭവിക്കുന്നില്ല ധാരണ സംഭവിക്കുകയാണെങ്കിൽ ഉറങ്ങാൻ കഴിയത്തില്ല ഉണർന്നു തന്നെയിരിക്കുന്നു അതീ പറയുന്നവനും അങ്ങനെ പറയുന്നവനില് ഈ ധാരണ ഇല്ലെങ്കിൽ ഉറങ്ങിപ്പോകും പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ഉറങ്ങിപ്പോവും അത് പല സത്സംഗത്തിനും പോയിരുന്നപ്പോ ഞാൻ കണ്ടിട്ടുണ്ട് പറയുന്ന ആളിന്നു ഉറങ്ങുന്നു തിരിഞ്ഞു നോക്കിയപ്പോ കേൾക്കുന്നവരും എല്ലാവരും ഉറങ്ങുന്നു അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അത് എന്താണ് അവിടെ ഇതാണ് ഈ ശബ്ദം കേവല ശബ്ദ ശബ്ദ ശ്രവണം അത് അങ്ങനെ സംഭവിക്കും അതുപോലെ ഇത് മനസ്സിലാക്കണം ഇത് റിയാലിറ്റി ഷോ അല്ല അപ്പോൾ അങ്ങനെ മനസ്സിനെ വിനോദിപ്പിക്കാനുള്ളതല്ല തമാശയും ഡാൻസും പാട്ടും എല്ലാം കൂടെ വരുന്നൊരു സാധനമല്ല മറിച്ച് എന്താണ് ഇത് ധാരണയ്ക്കുള്ളതാണ് അപ്പോൾ ആ ധാരണയില്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എങ്ങനെ പ്രജ്ഞാബലം ആ പ്രജ്ഞാബലം ഉണ്ടാകട്ടെ ആ പ്രാർത്ഥനയിലൂടെ അതുണ്ടാകുന്നു ഇവിടെ ആ പ്രാർത്ഥന ഉപാസം അതിനെ ധ്യാനിച്ചാൽ അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രജ്ഞാബലം എന്തായാലും സാരമില്ല തടി കേടാതി പ്രജ്ഞാബലത്തെ അതാണ് ഇവിടെ പ്രജ്ഞാബലം പോലെ ശരീരബലവും വേണം അതാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഭൂയാസം ഭവേയം കാരണം അടുത്ത് പറയുന്നു മാശ പറഞ്ഞാലു പറയുന്നു കിഞ്ച ശരീരം മമ വിചക്ഷണം വിചക്ഷണം യോഗ്യം പറയുന്ന ശരീരത്തിനും ബലം വേണം ഇത് നേരത്തെ കണ്ടിരുന്നു ശരീരം മേ മമ വിചക്ഷണം വിചക്ഷണം പറയുന്നു യോഗ്യം പ്രജ്ഞ എവിടെ നിൽക്കുന്നു ശരീരത്തിൽ ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്നു ശരീരമേ മമാ വിചക്ഷണം വിചക്ഷണം പറയുന്നു യോഗ്യം അത് യോഗ്യമാകട്ടെ ആ ശരീരം അത് യോഗ്യമല്ലെങ്കിൽ മനസ്സിൽ മനസ്സിനങ്ങനെ ഈ ബലം വരും പ്രജ്ഞയുടെ ബലം വരും അപ്പൊ ശരീരവും യോഗ്യമായിരിക്കണം ഇവിടെ പ്രാർത്ഥിക്കുന്നത് വേദാധ്യനം ചെയ്യുന്നവനാണ് ബ്രഹ്മചാരിയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പം ശരീരത്തെ ശരീരത്തിന് ഹിതവും ശരീരത്തിന് മിതവുമായി യത്ന യത്നത്തിലൂടെ ശരീരത്തെ എന്താണ് ഈ പ്രജ്ഞക്ക് യോഗ്യമാക്കി തീർക്കണം എന്നാണ് അതാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഹിതവും മിതവുമായ യത്നങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ശരീരത്തിന് ഹിതമായിരിക്കണം ഹിതമല്ലാതെ പ്രവൃത്തി ചെയ്യരുത് എന്നു ശരീരത്തിന് കൂടുതൽ ആയാസം വരുന്നു കാര്യങ്ങൾ ചെയ്യരുത് അനുകൂലമായത് ചെയ്യാവൂ അത് മിതവുമായിരിക്കണം മിതത്വം ഉണ്ടായിരിക്കണം എന്തെങ്കിലും ആയാസകരമായ പ്രവൃത്തികളൊക്കെ ചെയ്ത് ശരീരത്തൊക്കെ ഈടാക്കിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അസാധ്യമായിത്തീരും അതുകൊണ്ട് പറയുന്നു എൻ്റെ ശരീരം അത് എപ്പോഴും യോഗ്യമായിരിക്കണം ശരീരം സ്വാഭാവികമായും ശരീരം ജീർണിക്കും ജീർണിക്കുന്നതാണ് ശരീരം കാലം തന്നെ ശരീരത്തെ ആ ഒരവസ്ഥയിലെത്തിക്കും ആ സമയത്ത് പ്രജ്ഞയും ക്ഷയിക്കും അപ്പം ഇതൊന്നും ഗ്രഹിക്കാൻ കഴിയത്തില്ല അവൻ്റെ ശരീരം യോഗ്യമായിരിക്കുമ്പോൾ തന്നെ ഇത് ഗ്രഹിക്കണം വാർദ്ധക്യത്തിൽ എല്ലാം ക്ഷീണിച്ച് കഴിയുമ്പോൾ ഇത് തുടങ്ങാൻ പ്രയാസമാണ് പക്ഷേ നേരത്തെ തുടങ്ങിയിരുന്നാൽ അവിടെ ഈ വിധ സാധ്യമാകും വാർദ്ധക്യത്തിനും ഇതാകും പക്ഷെ നേരത്തെ തുടങ്ങിയിരിക്കും അതുകൊണ്ട് പറയുന്നു ശരീരവും അതിന് യോഗ്യമായിരിക്കണം സ്വച്ഛമായിരിക്കണം ശുദ്ധമായിരിക്കണം അത് സാത്വികമായിരിക്കണം ശരീരത്തിനും അസാത്വികത ഉണ്ടായിരിക്കണം അതും പ്രാർത്ഥിക്കുന്നു ഭൂയാ ശരീരം അങ്ങനെ ആയിത്തീരട്ടെ അത് ധർമ്മസാധനത്തിന് മുഖ്യമായിരിക്കുന്നുണ്ട് പ്രധാനമായിരിക്കുന്നുണ്ട് അതും അതിനെ അവഗണിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണോ അശാസ്ത്രീയമായിട്ടുള്ള താമസികമായിട്ടുള്ള ആസുര ബുദ്ധിയോടെയുള്ള തപസ്സുകളൊന്നും മറ്റും ചെയ്യാൻ പാടില്ല കായക്ലേശത്തെ ഉണ്ടാകുന്ന തപസ്സുകൾ അത് ഗീതനും മറ്റും പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അതൊന്നും സംഭവിക്കരുത് ആധ്യാത്മിക സാധനകളെല്ലാം വിവേകപൂർവകമായിരിക്കണം അതാണ് പറയുന്നത് വിവേകം ഇതാണ് ഈ ബോധമാണ് വിവേകം പ്രജ്ഞയെക്കുറിച്ചുള്ള ബോധം ശരീരത്തെ കുറിച്ചുള്ള ബോധം അത് വേണം ആത്യന്തികമായി ഈ ശരീരം ഉപയോഗിക്കേണ്ടത് ആധ്യാത്മിക സാധനയ്ക്കാണ് മോക്ഷപ്രാപ്തിക്കുള്ള ഉപായം എന്നുള്ള നിലയ്ക്കാണ് അതിനല്ലാതെ അതിനെ വിസ്മരിച്ചിട്ട് ഭൗതികമായ ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടി ശരീരത്ത് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ആയാസവും പറ്റി ശരീരത്തിന് ചെയ്യുന്നത് അതിന് വിസ്മരിച്ചിട്ട് ചെയ്യുന്നു ചെല് പറയാറുണ്ടല്ലോ ശരീരത്തെ മറന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയാറുണ്ട് ഈ ശരീരത്തെ മറന്ന് എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്തെങ്കിലും ലൗകികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലാതെ തന്നെ പ്രവർത്തിക്കുന്നു ഇവിടെ ആധ്യാത്മികമായ സാധനയിൽ ശരീരത്തെ മറന്നിട്ടല്ല ശരീരത്തിൽ ഓർക്കുന്നു ചില പറയുന്നു ശരീരത്തെ മറന്നിട്ട് തപസ്സും ഇവിടെ അതന്നെ ചെയ്യുന്നു ശരീര അഹംബുദ്ധി വരത്തില്ലേ ശരീരബോധം നഷ്ടപ്പെടണ്ടേ ശരീരബോധത്തോടു കൂടി വേണം ശരീരബോധത്തെ ഇല്ലാതാക്ക ആദ്യം അതിന് ശരീരബോധം വേണം ആദ്യം ശരീരബോധമില്ലാതെ പ്രവർത്തിച്ചാൽ ഇവിടെ എന്തെങ്കിലും നേടാം പക്ഷെ ആദ്ധ്യാത്മികമായി ശരീരം പോയാൽ പിന്നെ എന്ത് നേടാനോ അത് പാടില്ല പറയുന്നു വിചക്ഷണം അത് യോഗ്യമായി തീരണം ഭൂയാരുഷ വിപരിണാമ ഭാഷയെ കുറിച്ച് പറയുന്നു ഇതിനു മുമ്പ് ഭൂയാസം എന്ന് പറഞ്ഞു കുമ്പലവാക്യത്തിൽ രണ്ടാമത്തെ വാക്യത്തിൽ ആക്രിയെ ഇവിടെ കൊണ്ടുപോയി അവിടെ ഉത്തമഭിഷേകേദനമായി പറഞ്ഞു ഭൂയാസം ഇവിടെ പ്രതകനമായിട്ട് പോലെയാണ് ഭൂയാദ് ശരീരം അങ്ങനെ ആയിത്തീരട്ടെ എന്നാ അർത്ഥ ഇവിടെ ശരീരം കറുത്താവുന്നതുകൊണ്ട് ഭൂയാദ് ശരീരം അങ്ങനെ സംഭവിക്കട്ടെ ശരീരം അങ്ങനെ ആയിത്തീരട്ടെ മറ്റേ ഞാൻ അങ്ങനെ ആയിത്തീരട്ടെ എന്ന് പറയുന്നു അവിടെ പ്രജ്ഞയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ ശരീരത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടുത്തെ പറയുന്നു ജിഹ്വാമേ മധുമത്തമാധുമതി അതിസേന മധുര ഭക്ഷണി ചർത്ഥി എന്റെ നാക്ക് മധു മധുമതി ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് വളരെ മധുരമുള്ള വാക്കുകൾ പറയട്ടെ ിഹു എപ്പോഴും എന്താണോ വളരെ മധുരമായ വാക്കുകൾ പറയട്ടെ എന്നാ അതിശയന മധുരഭാഷണി എന്നാണ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാം എപ്പോഴും സൂചിപ്പിച്ച് വർത്തമാനം പറയണം എന്നാണോ അതല്ല കാരണം ആൾക്കാർക്ക് സൂഹിക്കുന്ന വർത്തമാനമാണ് പറയണ്ടതെങ്കിൽ അത് ചിലപ്പോൾ മധുരമല്ലാത്ത ആൾക്കാരൊക്കെ രസിക്കും ചിലർക്ക് വൃത്തികേടുകൾ പറയുന്നത് കേൾക്കാനാണ് രസമെങ്കിലും അത് പറയേണ്ടി വരും അപ്പം ആൾക്കാരെ സൂമിപ്പിക്കത്ത രീതിയിൽ പറയുന്നതാണ് മധുരഭാഷണം എന്ന് പറയാൻ പറ്റത്തില്ല അപ്പം ആൾക്കാരുടെ രുചിക്കനുസരിച്ച് പറയേണ്ടി വരും നല്ലത് കേൾക്കുന്നത് ഇഷ്ടമുള്ളവരുടെ അടുത്ത് നല്ലത് പറയണം ചീത്ത കേൾക്കുന്ന ഇഷ്ടമുള്ളവരിടത്ത് ചീത്ത പറയണം അങ്ങനെ വരും അപ്പോൾ ആൾക്കാരുടെ രസം കേളുമിക്കാരന്റെ രസമനുസരിച്ച് പറയുന്നത് മധുരഭാഷ എന്ന് പറയുന്നത് അങ്ങനെ പറയേണ്ടി നമുക്ക് നല്ലതും ചീത്തയും എല്ലാം പറയുന്നു ഇവിടെ എന്താണോ മധുമതി മധുരത്തെ നൽകുന്ന വാക്ക് എന്ന് പറയുന്നത് ഒന്നേ സാധ്യമാകും മധുരമായി സംസാരിക്കും ഈ മധുരമായി സംസാരിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ വാശാർത്ഥത്തെ എടുത്തുകൊണ്ട് ചിലർ വളരെ മൃദുവായിട്ട് ആൾക്കാരെയൊന്നും വേദനിപ്പിക്കാതെ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട് വലിയ പ്രയാസം എന്നാലും പലര് ശ്രമിക്കാറുണ്ട് കാരണം വേദത്തിൽ പറഞ്ഞിരിക്കുകയല്ലേ മധുര ഭാഷ പറഞ്ഞിരിക്കുകയല്ലേ പക്ഷെ അത് അല്ല കാരണം സാധ്യമല്ല ഇപ്പം വേദം തന്നെ പറയുന്നത് ചിലപ്പോൾ കടുത്ത ഭാഷയിലാണ് പറയുന്നത് എന്താണ് നീതി ചെയ്താൽ നരകത്തിൽ പോകും എന്ന് പറഞ്ഞാൽ അത് കടുത്ത ഭാഷയാണ് നീതി ചെയ്താൽ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ നല്ല ഭാഷയാണ് നശിക്കുമെന്ന് പറയുന്നത് നരകത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ നശിക്കുന്നു നശിക്കുമെന്ന് പറയുന്നിങ്ങനെ നല്ല ഭാഷയാവും മധുരഭാഷയാവും ആരാത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു അപ്പം വേദത്തിന് പോലും അത് പറയാൻ കഴിയില്ല അപ്പം മധുരഭാഷണം എന്ന് പറയുന്നത് എന്താണ് ആത്യന്തികമായ നിശ്രയസത്തെ കുറിച്ച് പറയുന്നതാണ് മധുരഭാഷണം അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഉപാസകനാണ് പറയുന്നത് പറഞ്ഞു എന്താണ് ബ്രഹ്മജ്ഞാനം ബ്രഹ്മജ്ഞാനത്തിന് ഉപാസിക്കുന്നവനല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി ഉപാസിക്കുന്നവൻ അതിനു വേണ്ടി അവൻ്റെ നാവിൽ നിന്ന് വരുന്നതല്ല അതാണ് മധുരഭാഷണം അതവന് ശ്രോതാവിനെ ആത്യന്തികമായി നിശ്രയത്തിലേക്ക് നയിക്കുന്നു അതിന് മാത്രമേ നമുക്ക് മധുരഭാഷണം എന്ന് പറയാൻ പറ്റുള്ളൂ അത് ചില സമയം കേൾക്കുമ്പോൾ അത് മധുരമായിരിക്കും ചില സമയം അത് മധുരമായിരിക്കത്തില്ല കർക്കശമായിരിക്കും രണ്ടു തരത്തിലൊന്നല്ല ചിലപ്പോൾ അത് പരുഷമായിരിക്കും ചിലപ്പോൾ മൃദുവായിരിക്കും പക്ഷെ ആത്യന്തികമായ ശബ്ദങ്ങൾക്കെല്ലാം ഒരു ലക്ഷ്യമേ ഉള്ളൂ എന്താണോ വേദത്തിന് ഒരു താല്പര്യമേ ഉള്ളൂ എന്താണോ ആ ധ്യേതാവിനെ ആ പരമ തത്വത്തെ പ്രകാശിപ്പിക്കുക അപ്പോൾ ആ പരമതത്വത്തെ പ്രകാശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളും അത് ഇതി പറഞ്ഞല്ലോ ആദ്യം കയ്ക്കും പിന്നീട് മധുരിക്കും എന്ന് പറയുന്നത് ആത്യന്തികമായ മധുരത്തെയാണ് ഉദ്ദേശിക്കുന്നത് അതിനുതകുന്ന വാക്കുകൾ അത് മൃദുവായാലും പരുഷമായാലും എന്തായാലും അത് ആത്യന്തികമായ മധുരമാണ് അങ്ങനെ പറയാൻ പറ്റും അല്ലാതെ ആൾക്കാരെ ശ്രമിപ്പിക്കുന്ന രീതിയിൽ വർത്തമാനം പറയുക അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഒരു വിഡിതമായി മാറും ഒരിക്കലും നമ്മൾ ശബ്ദം കൊണ്ട് എപ്പോഴും എല്ലാവരെയും സൂചിക്കാൻ സാധ്യമല്ല ചിലപ്പോൾ ചിലർ സൂചിക്കാം ഒരാൾക്ക് സൂചിക്കുന്നത് വേറെ ആൾക്ക് അനിഷ്ടമായി തോന്നും അതൊന്നും മധുരഭാഷണമല്ല പിന്നെ വ്യവഹാരത്തിൽ മര്യാദയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ശരിയാണ് അത് ശരിയാണ് അത് സാധാരണ സുഭാഷിതൃത് പറയും അത് വ്യാവഹാരികമായ മധുരഭാഷ ഭാഷണം എന്ന് പറയും നമ്മുടെ പല്ലുകൾ എപ്പോഴും നാവിനോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് ഒരിക്കലും എനിക്ക് സ്ഥാനം ഭ്രഷ്ടം വരരുത് നീ കാരണമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ എനിക്ക് സ്ഥാനം ഭ്രഷ്ടം വരും എന്ന് പല്ലുകൾ പ്രാർത്ഥിക്കുന്നു എന്നാണ് ആ മധുരഭാഷണം അത് അത് വ്യവഹാരമര്യാദ ആധ്യാത്മികമായ അർത്ഥത്തിൽ പറയുന്നില്ല ഒരു വ്യവഹാര മര്യാദ എന്നുള്ളതൊക്കെ മര്യാദയ്ക്ക് സംസാരിക്കുക അതെന്നല്ല ഇവിടെ അങ്ങനെയാണ് വേദവചനം അങ്ങനെയാണ് അത് മൃദുവും കടുവുമാണ് കടുഭാഷകവും വരും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറയും ആത്യന്തികമായ നിശ്രേയസത്തെക്കുറിച്ചും ആത്യന്തിക നാശത്തെക്കുറിച്ചും പറയും നരകജന്മങ്ങളെക്കുറിച്ച് പറയും ദേവന്മാരെക്കുറിച്ച് പറയുന്നു അപ്പം അത് വിരുദ്ധമാണ് പക്ഷേ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന മധുരഭാഷണം അതങ്ങനെ ആയിരിക്കണം ചുരുക്കത്തിൽ എന്താണ് ഈ പറയുന്നതിൻ്റെയൊക്കെ അതിൻ്റെ വാക്യാർത്ഥത്തെ എടുത്തിട്ട് കൃത്രിമമായ മധുരമൊന്നും വാക്കിലുണ്ടാക്കണ്ട ആത്മജ്ഞാന യോഗ്യ കാര്യകരണ സംഘാതു അസ്തു ഇനി വാക്യാർത്ഥം ഇവിടെ പറയുന്നതിന് ഭാഷകാരെ സംഗ്രഹിച്ചിരുന്നു വാക്യാർത്ഥം എന്താണോ ആത്മജ്ഞാന യോഗ്യ കാര്യകരണ സംഘാത വസ്തു ഈ കാര്യകരണ സംഘാതം കാര്യം ശരീരം കരണം ഇന്ദ്രിയങ്ങൾ മനസ്സ് ഈ സംഘാതം അതിലൂടെയാണ് ഈ ജീവൻ പ്രകാശിക്കുന്നത് ഇത് പൂർണമായും മനസ്സ് മാത്രം പോലെ ശരീരം ഉൾപ്പെടെ ആത്മജ്ഞാനത്തിന് യോഗ്യമായി തീരട്ടെ അതാണ് ഈ ഉപാസന കൊണ്ട് ഉപാസകൻ ആഗ്രഹിക്കുന്നത് ആത്മജ്ഞാന യോഗ്യത എന്നാണ് മേധാച തദർത്ഥമേ വഹി പ്രാർത്ഥ്യതേ തദർത്ഥമായിട്ടുള്ള മേധ എന്നാണ് മേധ ഉണ്ടായാലും നമുക്ക് പല ഉപയോഗമുണ്ട് ലൗകികമായ വ്യാവഹാരികമായ കാര്യങ്ങളെല്ലാം നല്ലവണ്ണം ചെയ്യുന്നതിന് വിജയകരമായി ചെയ്യുന്നതിന് കർമ്മങ്ങൾ ഫലപ്രാപ്തിയിലെത്തിക്കുന്നതിനെല്ലാം മേധ ആവശ്യം പഠിക്കുന്നതിന് ഗവേഷണം നടത്തുന്നതിന് പൊതുവെ കണ്ടെത്തുന്നതിന് എല്ലാം മേധ സഹായിക്കും അതെല്ലാം മേധയുടെ ഓരോ ഭാഗങ്ങളാണത് പ്രവർത്തിക്കുന്നത് വലിയ ബുദ്ധിമാന്മാരും വലിയ പണ്ഡിതന്മാരും വലിയ ശാസ്ത്രജ്ഞന്മാരും എല്ലാം മേധയുള്ളവരാണ് സംശയം പക്ഷേ അതിനെയെല്ലാം നമുക്ക് പറയാം എന്താണ് അത് ഭൗതികമായോ അല്ലെങ്കിൽ ലൗകികമായോ മേധ അതെല്ലാം അതാത് വിഷയങ്ങൾക്ക് ഉപകരിക്കും നല്ലത് ഒരാൾ ഒരു വിഷയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ വിഷയത്തിലുള്ള മേധയാൾക്ക് ആവശ്യമാണ് പക്ഷെ ഇവിടെ ഭാഷകാരം പറയുന്നു മേധാച ഇവിടെ ഇത്ത എന്താണ് ആത്മജ്ഞാനത്തിനുള്ള മേധ ആത്മജ്ഞാനത്തിനുള്ള ആത്മജ്ഞാനത്തിന്റെ ധാരണ ആ മേധയാണോ തഥർത്ഥം അതിനുള്ള മേധയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന അപ്പൊ മേധയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ ആത്മജ്ഞാനത്തെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അത് പറയുന്നു നമ്മൾ ആത്മജ്ഞാനത്തെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വ്യവഹാരത്തിന് ലമായ കാര്യങ്ങൾക്കുള്ള മേധ കിട്ടും എന്തായാലും അത് ഫലം ചെയ്യും ഏതു തരത്തിലായാലും മേധ അതിനെ ഉപാസിക്കുന്നവന് മേധയുണ്ടാകും മേധാസവും മറ്റും മേധയ്ക്ക് അമേധ സംഭവിക്കും പക്ഷെ അത് ലൗകികമായി അത് ഉപകരിക്കും മേധയുണ്ടെങ്കിൽ ഈ വേദത്തെ മുഴുവൻ ഈ ശബ്ദരാശിയും മുഴുവൻ മനസ്സിൽ ധരിക്കാം പക്ഷെ ആ മേധയും പ്രയോജനപ്പെടുത്തുന്നു എന്തുകൊണ്ട് ആ ശബ്ദത്തെ ധരിച്ചത് കൊണ്ട് അത് ആത്മജ്ഞാനത്തിനുപകരിക്കണമെന്നല്ല അതാണ് പാണ്ഡിത്യത്തെ നിഷേധിക്കുന്നത് പണ്ഡിതനെന്ത് ചെയ്യുന്നു മേധ കൊണ്ട് വേദത്തെ മുഴുവൻ ധരിക്കുന്നു പക്ഷെ അത് ആത്മജ്ഞാനത്തിന് ഉപകരിക്കുന്നില്ല അതുകൊണ്ട് ഭാഷ്യകാരൻ പറയുന്നു തഥർത്ഥം ആത്മജ്ഞാനത്തിന് ഉപകരിക്കുന്ന മേധ അത് പ്രാർത്ഥിക്കുന്നു ആരോട് ബ്രഹ്മത്തോട് പ്രാർത്ഥിക്കുന്നു ബ്രഹ്മത്തോട് അങ്ങനെ ഓങ്കാരത്തെ സ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ബ്രഹ്മമായി കണ്ടുകൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് വീണ്ടും അതിനെ എടുത്തു പറയുന്നു അടുത്ത് മൃതോ ഭാസം ശരീരം മേ ശരീരം എൻറെ ശരീരം വിചർഷണം ആകട്ടെ ജിഹ്വാഹ്വാ എൻറെ ജിഹ്വാ മധു മത്തമ അങ്ങേറ്റം അങ്ങേറ്റത്ത് ഇത് പറയണത് മധുമത്തമ സ്ഥലം നല്ല തമം അങ്ങേറ്റത്ത് എന്നെ പറയ അങ്ങനത്തെ നില ആത്മജ്ഞാനത്തിലൂടെ സാധ്യമാകും അപ്പുവരുന്നു കർണാഭ്യാം ഭൂരിവിശ്രുപം ബ്രഹ്മണ കോശോസി മേഥയാ പീഡ കർണാഭ്യാം ശ്രോത്രാഭ്യാം ഭൂരി ബഹുവിശ്രുവം ശ്രോതാഭ്യാസം അത് പറയുന്നു എങ്ങനെ ഞാൻ പറയുന്നത് മധുരമായിരിക്കണം കേൾക്കുന്നതോ കർണാഭ്യാം ശ്രോത്രാഭ്യാം ഭൂരി ബഹുവിശ്രുവം കേൾക്കുന്നതും ബഹുവിശ്രുവം ഭൂരിവിശ്രുവം ശ്രോതാഭുയാസം സ്ത്രീകളിലൂടെ ഞാൻ ബഹു ധാരാളം കേൾക്കട്ടെ ധാരാളം കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ നിരന്തരം കേൾക്കട്ടെ എന്ത് കേൾക്കണം ഇത് കേൾക്കട്ടെ എന്നാണ് അതാണ് ഇവിടെ ഉപാസനൻ പറയുന്നത് എനിക്ക് നിരന്തരം ഈ ആത്മതത്വത്തെ എനിക്ക് ശ്രവിക്കണം അതാണ് ഉപാസന നമ്മളെന്ത് പ്രാർത്ഥിക്കുന്നു ഇത് എത്രയും പെട്ടെന്നൊന്ന് അവസാനിക്കണേ അതാണ് നമ്മുടെ പ്രാർത്ഥന മതിയായി ഇവിടെ അതല്ല പറയുന്നത് എൻ്റെ കർണങ്ങൾ ഇതിനു വേണ്ടി മാത്രമായിരിക്കണം ഇത് ഉയാസം അങ്ങനെ ആയിത്തീരട്ടെ ഇതെപ്പോഴും ഞാൻ ശ്രമിക്കുന്നവനായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ താൽപ്പര്യമാണ് പറഞ്ഞത് ആത്മജ്ഞാന യോഗ്യ കാര്യകരണ അതിന് പ്രാധാന്യമുള്ളതിനെടുത്ത് പറയുന്നു കേൾവിക്ക് പ്രാധാന്യമുണ്ട് കേൾവിക്കനുസരിച്ച് മനസ്സ് പോകും ഇതാണ് കേൾക്കുന്നതെങ്കിൽ മനസ്സ് ഇതുകൊണ്ട് മനസ്സ് പ്രസന്നമാകണം മറ്റ് മനസ്സ് പ്രസന്നമാകാൻ ഏതെങ്കിലുമുണ്ട് അത് ഗുരുക്കന്മാർ തന്നെ എല്ലാത്തിനെയും അംഗീകരിക്കും മനസ്സിനെ പ്രസന്നമാക്കുന്നതിന് വേണ്ടി എല്ലാത്തിനും അംഗീകരിക്കുന്നു പക്ഷെ വേദം അങ്ങനെ അവര് പറയുന്നു ഈ തത്വജ്ഞാനം കൊണ്ട് തന്നെ മനസ്സ് പ്രസന്നമാകണം മനസ്സിന് വിനോദം കൊടുക്കുന്ന കാര്യങ്ങൾ കൊണ്ട് പോര ആത്മജ്ഞാന യോഗ്യ കാര്യകരണ സംഘാദോസ് വാക്യാർത്ഥ മേഥാചർമേ ഈ പ്രാർത്ഥ്യതയെ ബ്രഹ്മണ പരമാത്മന കോശോസി പരമാത്മാവിന്റെ കോശമാണ് കോശം എന്ന് പറഞ്ഞാൽ എന്താണ് അസേരിവുലധിഷ്ഠാന അസിവാള് വാളിന്റെ ഉറ വാളിനെ പൊതിഞ്ഞു വയ്ക്കുന്ന സാധനം അതുപോലെ നീ ആ പരമാത്മാവിനെ വെളിപ്പെടുത്തുന്ന ഒന്നാണെന്നർത്ഥം ഇത് വാളുറ വാളിനെ പൊതിഞ്ഞ് പൊതിഞ്ഞു വയ്ക്കുന്നു അത് പൊതിഞ്ഞു വയ്ക്കുന്നത് അതാണ് വാളിനെ വെളിപ്പെടുത്തുന്നത് എന്തുകൊണ്ട് വാളിനെ അതിൽ നിന്നാണ് പുറത്തെടുക്കുന്നത് വാൾ എവിടെ നിന്ന് വെളിപ്പെട്ടു എന്ന് ചോദിച്ചാൽ എന്തു പറയും അത് അതിൻ്റെ ആ കോശത്ത് നിന്ന് വെളിപ്പെട്ടു അത് പൊതിയുന്നതും അത് തന്നെ വെളിപ്പെടുത്തുന്നു അത് പൊതിയെന്ന് തന്നെ എന്തിനു വേണ്ടി വെളിപ്പെടുത്താൻ പറ്റും അപ്പം ഇവിടെ പൊതിയെന്ന് പറഞ്ഞാൽ എന്താണ് അത് ആ പരമാത്മാവിനൊരുപാധിയായിരിക്കുന്നു ഓങ്കാരം ശബ്ദം അത് സർവ ശബ്ദാത്മകമായിരുന്നു കൊണ്ട് അതിനെ മറച്ചു അതാണ് സർവശ്ദ വിശ്വരൂപത് ഈ ശബ്ദ പ്രപഞ്ചം അതതിനെ മറക്കുക വേദം അതിനെ മറച്ചിരിക്കുന്നു എന്ന് പറയാം അതുകൊണ്ടുതന്നെ വേദം അധ്യയനം ചെയ്തവൻ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു വേദവനം മറയ്ക്കുന്നു എങ്ങനെയത് മറയ്ക്കുന്നു സർവ്വശബ്ദാത്മകമായി മറയ്ക്കുന്നു പക്ഷെ അതേ വേദം തന്നെ ഓങ്കാരൂപത്തിൽ അതിനെ വെളിപ്പെടുത്തുന്നു വേദത്തിൻ്റെ സാരമായ ഓങ്കാരത്തെ ഗ്രഹിക്കുന്നവൻ അതിന് ഉപാസിക്കുന്നവൻ അതിന് അതിലൂടെ അത് വെളിപ്പെടുന്നു അതാണ് ഉപലബ്ധി അധിഷ്ഠാനത്വ ആ ബ്രഹ്മപ്രകാശത്തിന് അധിഷ്ഠാനമായിരിക്കുന്നത് ഈ ഓങ്കാരമാണ് വേദം ഓങ്കാരൂപമാണ് വേദം അങ്ങനെ പരമാത്മാവിനെ പ്രകാശിപ്പിക്കുന്നു അതുകൊണ്ട് പറയുന്നു ബ്രഹ്മണ പരമാ രണ്ടർത്ഥത്തിൽ പൊതിയുന്നവനെന്നും അതിനെ വെളിപ്പെടുത്തുന്നവനെന്നുള്ള അർത്ഥത്തിൽ അത് വിശദീകരിക്കുന്നു ഇനിയാണ് ബ്രഹ്മത്തിന്റെ പ്രതീകം ആയിരിക്കുന്നത് പ്രതീകം എന്ന് പറഞ്ഞാൽ സൂചകം ഗമകം അതിനെ ഗമിപ്പിപ്പിക്കുന്നത് അതിനെ സൂചിപ്പിക്കുന്നത് നിന്നൽ പ്രകാശിക്കുന്നു നീയാണ് അതിന് പ്രതീകമായിരിക്കുന്നത് ഓങ്കാരത്തെ ആശ്രയിക്കുന്നവന് ഓങ്കാരം അതിന്റെ പ്രതീകമായി തീരുന്നു അതിലൂടെ ആ പരമാത്മതത്വം പ്രകാശിക്കുന്നു മേധയാ ലൗകികപ്രജ്ഞയ പീത ആഛാദിത സത്വം സാമാന്യപ്രജ്ഞ അവിദിത കർണാഭ്യം ഭൂരിവിശ്രമം ധാരാളം കേൾക്കട്ടെ തത്വം ശ്രവിക്കട്ടെ ബ്രഹ്മണ് കോശോസി നീ ബ്രഹ്മത്തിനെ വെളിപ്പെടുത്തുന്ന ഒന്നാണ് മേധയാ പിഹിത അതാണ് വ്യാഖ്യാനിക്കുന്നത് ഒളിഞ്ഞിരിക്കുന്നു മേധയിൽ നീ ഒളിഞ്ഞിരിക്കുന്നു ഈ ബുദ്ധി ഇതിനെ മറക്കുന്നതുമാണ് ഈ ബുദ്ധി ഇതിനെ വെളിപ്പെടുത്തുന്നതുമാണ് അതുകൊണ്ട് എന്നെ ചെറു പറയും ബുദ്ധി കൊണ്ട് ഇതിനെ കണ്ടെത്താൻ കഴിയത്തില്ല എന്നാൽ അഗ്നിയാ ബുദ്ധിയാ ബുദ്ധി കൊണ്ട് തന്നെ അതിനെ കണ്ടെത്തേണ്ടത് രണ്ടും പറയും അവിടെ വൈരുദ്ധ്യമില്ല എന്തുകൊണ്ട് വൈരുദ്ധ്യമില്ല ഇവിടെ പറയുന്നു ലൗകികപ്രജ്ഞയ മേധയാ ലൗകികപ്രജ്ഞ കൊണ്ട് അസംസ്കൃതമായ ബുദ്ധി കൊണ്ട് പിഹിത ആച്ഛാദിതമായിരിക്കുന്നു അതും മറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ബുദ്ധി കൊണ്ട് ഇതിനെ ആഗ്രഹിക്കാൻ കഴിയില്ല അറിവ് കൊണ്ട് ഗ്രഹിക്കാൻ കഴിയില്ല പാണ്ഡിത്യം കൊണ്ട് ഗ്രഹിക്കാൻ കഴിയില്ല ഈ പറയുന്നത് തന്നെ ശരി അതെല്ലാം ലൗകികപ്രജ്ഞയാണ് അതുകൊണ്ട് എന്ത് വരുന്നു അങ്ങനെയുള്ള നീ സാമാന്യപ്രജ്ഞ അവിദ്യ തത്വ സാമാന്യപ്രജ്ഞ ലൗകിക മനസ്സ് അതിൽ പ്രകാശിക്കുന്നില്ല അസംസ്കൃത മനസ്സ് നിന്റെ തത്വം വെളിപ്പെടുന്നില്ല മറിച്ച് അതേ മനസ്സ് തന്നെ ഉപാസന നിശിതമായ ഉപാസന കൊണ്ടത് തീക്ഷണമായി കഴിഞ്ഞാൽ ഉപാസന കൊണ്ടത് പ്രകാശിച്ചാൽ അതീ തത്വത്തെ പ്രകാശിപ്പിക്കും അവൻ്റെ മനസ്സിനെയോ ബുദ്ധിയെയോ വെറുതെ കഴിച്ചിട്ട് കാര്യം അതിന് രണ്ടു വശമുണ്ട് ഇതിനെ മറയ്ക്കുന്ന ഒരു വശമുണ്ട് ഇതിനെ വെളിപ്പെടുത്തുന്ന വശമുണ്ട് അവൻ്റെ ഇവിടെ സാധകൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ബുദ്ധി ഈ ലൗകികബുദ്ധി അസംസ്കൃത ബുദ്ധി അതിനെ മറച്ചിരിക്കുകയാണ് പക്ഷെ പ്രജ്ഞാബലം അതിനുണ്ടാവണം ഉപാസന ബലം അതിനുണ്ടാവണം അതുകൊണ്ട് ഇത് പ്രകാശിക്കണം ശ്രുതം ശ്രവണപൂർവകം ആത്മജ്ഞാനാധികം മേ ഗോപായ രക്ഷ പറയുന്നു ശ്രവണത്തിലൂടെ നേടുന്നത് പറഞ്ഞുള്ള ആ ശ്രവണത്തിലൂടെ പ്രജ്ഞാബലത്തിലൂടെ നേടുന്ന ഉണർവിലൂടെ നേടുന്ന എന്താണ് ആത്മജ്ഞാനം ആത്മബോധം സംശയ വിപരിങ്ങളില്ലാതെയുള്ള തത്വബോധം ഞാൻ പരോക്ഷമായി ആർജിക്കുന്ന ഇത് നമ്മൾ പലപ്പോഴും അതാണ് അപരോക്ഷമായത് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പരോക്ഷമായത് നേടുന്നു മേഗോപ്പായ അതിനെ രക്ഷിക്കുക അതിൻ്റെ വ്യക്തത അത് നഷ്ടപ്പെടരുത് അതിൻ്റെ ദൃഢത അത് നഷ്ടപ്പെടരുത് ദുർബലമാകാൻ പാടില്ല അത് കൂടുതൽ വ്യക്തമാകണം അതാണ് അതിൻ്റെ രക്ഷ അതിൽ പിന്നെ സംശയങ്ങൾ കടന്നുകൂടാൻ പാടില്ല അതിൽ ധർമ്മം കടന്നുകൂടാൻ പാടില്ല അത് വിസ്മൃതമാകാൻ പാടില്ല ഇതൊക്കെയാണ് എൻ്റെ രക്ഷ അത് നിലനിർത്തണം അതെങ്ങനെയാണ് ഒരിക്കൽ ഉള്ളിൽ പ്രകാശിച്ചത് അത് നഷ്ടപ്പെടാൻ പാടില്ല എങ്ങനെയൊക്കെ നഷ്ടപ്പെടാം കാലദേശങ്ങളെ കൊണ്ട് നഷ്ടപ്പെടാം എന്നൊക്കെ നമ്മൾ ശ്രവിക്കുന്ന കാലത്ത് ശ്രമിക്കുന്ന ദേശത്ത് അതിന് ആ കാലവും ദേശവും വിടുമ്പോൾ അത് അവ്യുക്തമായി പോകുന്നു നമ്മൾ പരാതി പറയും കേട്ടപ്പോ കാര്യങ്ങൾ മനസ്സിലായി പക്ഷെ ഇപ്പോൾ അതില്ല നഷ്ടപ്പെട്ടുപോയി അരക്ഷ വിദ്യക്ഷ അത് സംഭവിക്കുന്നില്ല അതെങ്ങനെ സംഭവിക്കും അത് കേവലം പ്രജ്ഞാബലം കൊണ്ട് സംഭവിക്കത്തില്ല അതുകൊണ്ട് പ്രാർത്ഥിക്കുക അത് ഉപാസത്തിൻ്റെ ഒരു ആവശ്യമാണ് ഈ പരമാത്മാവ് അതിനെ രക്ഷിക്കണം എന്നാ യോഗക്ഷേമങ്ങൾ ക്ഷേമം എന്ന് പറയുന്നതാണ് രക്ഷ അത് ഈശ്വരനാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് അതിവിടെ ആവശ്യപ്പെടുകയാണ് അത് അതിന് വിദ്യയെ സംബന്ധിച്ചും അങ്ങനെ ലൗകികമായ കാര്യങ്ങളെ സംബന്ധിച്ച് വിദ്യയെ സംബന്ധിച്ച് അത് നമ്മളവിടെ വിശദമാക്കിയാണ് അതിൻ്റെ യോഗക്ഷേമവും ഈശ്വരനാണ് വഹിക്കേണ്ടത് അതുപറയുന്നു ആത്മജ്ഞാനാധികം ആത്മജ്ഞാനം തുടങ്ങിയ കാര്യങ്ങൾ ആത്മജ്ഞാനം തുടങ്ങി എന്ന് വെച്ചാൽ ആത്മജ്ഞാനത്തിൽ വരേണ്ട സവിശേഷതകൾ അതെല്ലാം രക്ഷ അതെല്ലാം നിലനിർത്തുക അല്ലെങ്കിൽ ഇതെല്ലാം വ്യക്തമായി പോയി തത്പ്രാപ്തി അവിസ്മരണാതി ഒരു അതിന്റെ പ്രാപ്തി അത് വിസ്മരിക്കാതിരിക്കുക അതെന്നും നിലനിൽക്കുക അത് പ്രമാദം സംഭവിക്കാതിരിക്കുക എന്നറിയാം പ്രമാദം സംഭവിക്കുക പറഞ്ഞാൽ എന്താണ് അതിനെ വിസ്മരിക്കുക വിസ്മരിച്ചിട്ട് താൻ ഈ ശരീരാദികളിൽ നിന്നും വിലക്ഷണനായ ആത്മാവാണെന്നുള്ള തത്വത്തെ വിസ്മരിച്ച് ശരീരബോധത്തിലേക്ക് വന്ന് താൻ ശരീരമാണെന്നുള്ള ബോധത്തോടു കൂടി ഓരോന്ന് പ്രവർത്തിക്കുക ധർമ്മാധർമ്മ കാര്യങ്ങളിൽ ഏർപ്പെടുക അത് സംഭവിക്കരുത് അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ ശരീരബോധം വന്ന് ആത്മബോധം നഷ്ടപ്പെടരുത് പരോക്ഷമായ ഈ ജ്ഞാനത്തിന് ന്യൂനത വരരുത് അതാണ് അവിസ്മരണാദി അത് സംഭവിക്കൂ ജപാർത്ഥ ഏതേ മന്ത്ര മേഥ കാമസ്യ ഇത് ജപാർത്ഥമാണ് ജപം ഉപാസനയാണ് ജപം എന്ന് പറയുമ്പോൾ അർത്ഥബോധത്തോടു കൂടിയുള്ള ജപം എന്നാലേ അത് ഉപാസനയാവും അർത്ഥോപാസനാകത്തും അതാവർ അർത്ഥബോധത്തോടുകൂടി ജപിക്കുമ്പോൾ അർത്ഥബോധത്തോടുകൂടിയുള്ള അതിൻ്റെ ആവർത്തനം അതാണ് നമ്മൾ നിരന്തര ഇത് വിശാന്തി മന്ത്രങ്ങളിങ്ങനെ ആവർത്തിക്കുന്നത് അത് ചെയ്യുമ്പോൾ ഈ മന്ത്രം മേധാകാമ്യ മേധാകാമൻ അത് ഉപകരിക്കും അതിൻ്റെ മേധാശക്തിയെ വർദ്ധിപ്പിക്കും യന്ദസമുഷഭോ വിശദോഭ്യോദ്യമൃതംഭൂ സേന്ദ്രോ മേധയാസ്കൃണോത്തമൃതാരണോ ഭൂയാസം ശരീരം മേ വിചർണ ജിഹ്വാ മേ മധു മ കർണഭ്യം ഭൂരി मेधया ബ്രഹ്മണകോശോ മേധയാ പീത ശ്രുതം